ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത് രചന ശ്രീ പ്രദീപ്കുമാർ കാവുന്തറ സംവിധാനം കോന്നിയൂർ വിജയകുമാർ സി കൃഷ്ണകുമാർ സംഗീതം ശ്രീ പ്രേംകുമാർ വടകര പങ്കെടുക്കുന്നവർ കായലാട്ട് രവീന്ദ്രൻ കെ സി കരുണാകരൻ പേരാമ്പ്ര നിലമ്പൂർ മണി ടി സുരേഷ് വിശ്വൻ നന്മണ്ട വിജയൻ കാരന്തൂർ കാവിൽ സി ബാലൻ രത്നമ്മ മാധവൻ ബിന്ദു പുതുപ്പണം ടി റാണി ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത് ഞാൻ ഇട്ടിക്കണ്ടി കുട്ടിക്കുറുപ്പ് മകൻ ക്ഷമാശീലൻ മൂന്നാൺമക്കളിൽ മൂത്തവത്ത മറ്റ് രണ്ടുപേർ യഥാക്രമം ദാനശീലൻ സ്നേഹശീലൻ പേരിനോട് ചേർന്ന് കേൾക്കുന്ന ആവകശീലങ്ങളൊന്നും അവന്മാരുടെ നാലയലത്തുകൂടെ പോയിട്ടുപോലുമില്ല പേരിനോട് അല്പമെങ്കിലും നീതി പുലർത്തുന്നവൻ ഈ ക്ഷമാശീലനാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നാം തരം വാസ്തവമാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ എന്റെ സഹോദരങ്ങളുടെ എല്ലിന്റെ എണ്ണം കൂടുകയും എന്റെ ധർമ്മഭക്തിയുടെ പല്ലിന്റെ എണ്ണം കുറയുകയും ചെയ്യുമായിരുന്നു എന്തിന് അവശേഷിച്ചിരുന്ന ഈ തറവാട് ഭാഗം വെച്ചപ്പോൾ വിലവടിപ്പുള്ള പടിഞ്ഞാറ്റകവും തെക്കിനിയും പ്രസ്തുത സമർത്ഥന്മാർ കൈക്കലാക്കി മത്സരിക്കാനുള്ള ഒരു മനസാന്നിധ്യം എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെങ്കിലും ഈ വക കാര്യങ്ങളിൽ ഞാനൊരു നനഞ്ഞ കോഴിയാണെന്ന് എന്റെ ധർമ്മപത്നി പത്മാവതി പറയാറുണ്ട് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അതും ശരിയാണ് ദാനശീലനും സ്നേഹശീലനും അവർക്ക് വേണ്ടത് ഭാഗിച്ചെടുത്തപ്പോൾ ശേഷിച്ചത് ഒരു കിണറും ഊട്ടുപുരയും മാത്രമാണ് അച്ഛനത് സ്നേഹത്തോടെ എനിക്ക് തന്നു ഞാനത് നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങുകയും ചെയ്തു പക്ഷേ ഇതൊന്നും പ്രശ്നം ഓരോ ദിവസം കഴിയും നാട്ടിലെ കിണറുകൾ ഓരോന്ന് വറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം കുടിവെള്ളത്തിനായി രാ എന്റെ കിണറിന് ചുറ്റും കശപശ കൂടുന്നു ഒരു സാധാരണക്കാരന്റെ കിണറിന് ചുറ്റും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില വൃത്തികെട്ട സംഘർഷങ്ങളുണ്ടല്ലോ അത് തന്നെയാണ് എന്റെ ഈ കിണറിന് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വേനലിലും എന്റെ കിണറിന് ചുറ്റും കുടിവെള്ളത്തിനായി എത്തുന്നവരുടെ എണ്ണം കൂടി മനസ്സിലെ നന്മയുടെയും സദ്ഭാവങ്ങളുടെയും ഉറവ പറ്റിപ്പോയവർ അവർ അവരാണ് ഉറവ പറ്റാത്ത എന്റെ കിണറിന് ചുറ്റും അതെ അവരാണ് അവരാണ് ക്ഷമാശീല സംസാരിക്കണത് കേൾക്കുക അയ്യോ അച്ഛൻ അച്ഛൻ തന്നെയാണോ ഈ സംസാരിക്കുന്ന എനിക്ക് തോന്നിപ്പോയി എന്തൊരു അക്ഷരശുദ്ധി എന്തൊരു സാഹിത്യ ഭംഗി ഞാനിത് ആദ്യായിട്ട് കേൾക്കുക ഞാനിത് കൊറേ നാളായിട്ട് സഹിക്കുക പകൽ മുഴുവൻ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു ഉറക്കം തലയ്ക്ക് പിടിക്കുമ്പോ തുടങ്ങും പ്രസംഗം ഉണർന്നു കഴിയുമ്പോ ഞാനിത് പറഞ്ഞാലോ ഏ ഞാനങ്ങനെ ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളല്ല നീ സ്വപ്നം കണ്ടതാവും എന്നൊക്കെയല്ലേ വാദം അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനെയും മിനുക്കുട്ടിയെയും വിളിച്ചത് അച്ഛാ അത് പിന്നെ ഞാൻ നിഷേധിക്കണ്ടും മിനുക്കുട്ടിയും സാക്ഷികളാ മുത്തച്ഛം അച്ഛൻ എന്തുകൊണ്ടാണ് ഒരു പ്രഭാഷകനാവാതെ പോയത് കേക്കാ നിന്റെ അമ്മ എന്നോ ഒന്ന് ഞാൻ തോറ്റുവിട്ടോ എന്നോട് ക്ഷമിക്കും വെറുതെ അങ്ങ് ക്ഷമിക്കാൻ അമ്മയുടെ പേര് ക്ഷമാശീല എന്നല്ലല്ലോ മോളെ മിനിക്കുട്ടിയേ ദേക്കൻ ചെടിപ്പണ് സൂര്യ ഭഗവാൻ ഉച്ചയിലെത്തി എന്തിനുറക്കായത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉറക്കം പാടുണ്ടോ ഓ ആണുമാല്ല പറഞ്ഞത് പെണ്ണിന് അസലായിട്ട് ഒന്നും ഉറങ്ങാനും പറ്റില്ല എന്തൊരു ലോകാണിത് അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞതല്ലേ പകല് കിടന്നുറങ്ങിയ കവിളൊക്കെ തടിച്ചു വീർത്ത് മുഖശ്രി ഇല്ലാണ്ടാവില്ലേ സൗന്ദര്യം ഉണ്ടായാലല്ലേ കുട്ടിയെ കെട്ടിക്കൊണ്ടു പോകാൻ ഒരു സുന്ദരം വരൂ കണ്ട കണ്ട കെട്ടിക്കൊണ്ട് പോകുക എത്ര ലാഘവത്തോടെയാ മുത്തച്ഛൻ പറഞ്ഞത് കെട്ടിക്കൊണ്ടു പോവാൻ ഇതെന്താ ചക്കപ്പഴോ അതെ സ്വന്തം കാലിൽ നടന്നു പോവാനുള്ള ത്രാണി ഈ മിനിക്കുട്ടിക്കുണ്ട് പിന്നെന്തിനാ കെട്ടിക്കൊണ്ട് പോകണത് ഡാ മുത്തശ്ശിനിങ്ങനെ പെണ്ണുങ്ങൾ ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുതേ തോറ്റു സമ്മതിച്ചല്ലോ സമ്മതിച്ചു പക്ഷേ നിന്റെ അമ്മയെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഈ പറഞ്ഞത് വെറുതെ ഞാൻ മുത്തശ്ശിന്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങിയത് ഇവിടെ ആവുമ്പോ വെള്ളം വെക്കാൻ അമ്മ ഈ ഇട്ടിക്കണ്ടി കുട്ടിക്കുറിപ്പിന്റെ മുറിയിൽ വന്ന് വഴക്കു പറയാനുള്ള ധൈര്യം ഇട്ടിക്കണ്ടി കുട്ടിക്കുറിപ്പിന്റെ ഒന്നാമത്തെ മകൻ ക്ഷമാശീലന്റെ ഭാര്യ പത്മാവതിക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് തീർത്തു പറയാൻ പറ്റുവോ ഇട്ടിക്കുറിപ്പ് ഇന്നൊരു കുട്ടിക്കുരങ്ങിന്റെ പരുവത്തിലല്ലേ കഴിയണത് ശടാ നേരം പരപരാന്ന് വെളുക്കുമ്പോ തുടങ്ങിയത് ആ കിണറിന്റെ ഈ ബഹളം എന്തിനാ ഇവടുന്നത് അതെ മുത്ത ഇന്നലെ മുതല് നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം പുതിയ കുറെ ആൾക്കാർ വന്ന് അവര് ഈ വാർഡിലുള്ളവരല്ല അത്രേ എന്താ കുടിവെള്ളമല്ലേ ചങ്കു നനക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുവോ വരണ്ട ചങ്കനുണ്ടോ വാർഡും പഞ്ചായത്തും ഉള്ള വ്യത്യാസം പ്രശ്നം അതല്ല മുത്തശ്ശാ അടുത്ത വാർഡില് ചിലര് കുടിവെള്ളത്തിന് കാശു വാങ്ങുന്നുണ്ട് പോലും ശിവ ശിവ കിണറ്റിലെ വെള്ളത്തിന് കാശു വാങ്ങേ പണ്ടൊക്കെ ഇവിടത്തെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് കീഴ്ജാതിക്കാരന് അയിത്തം കൽപ്പിച്ചിരുന്നു എന്ന് കുടിവെള്ളം നിഷേധിച്ചിരുന്നില്ല ഞങ്ങൾ ആ വെള്ളം കോരിക്കൊടുത്തിരുന്നത് അന്ന് തറവാട്ടിലെ കാരണവന്മാരോടൊക്കെ വല്ലാത്തൊരു വിദ്വേഷായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പൊ തോന്ന അവരല്ല ദുഷ്ടന്മാര് അയിത്തോം അനാചാരവും തുടച്ചു മാറ്റിയ ഇവരുടെയൊക്കെ മനസ്സിലാ ദുഷ്ടത എല്ലാരും ഇങ്ങനെ വെള്ളമെടുത്താൽ നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റില്ലെന്നാ ഈ വാർഡിലുള്ളവര് ഭയപ്പെടുന്നത് ഈ കിണറ്റിലെ വെള്ളം വറ്റില്ല പണ്ട് ഭഗീരഥൻ ആകാശഗംഗയെ പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോയ കൈവഴിയിലാ നമ്മള് കിണർ കുത്തിയത് ഗുരു കാരണവന്മാർക്കും തച്ചനും പഴിച്ചില്ല അത്രേ അവഗാഹമുള്ള ഏത് തച്ചനാ ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കണത് പക്ഷേ വിദേശത്തുണ്ടത്രേ അവര് പഠിച്ചു വിദേശികൾ നമ്മുടെ നാട്ടില് കിണർ കുത്തിണുണ്ട് എന്ന് ഭഗീരഥന്റെ കൈവഴിയിൽ എവിടെയെങ്കിലും അവര് കിണർ കുത്തിയാ അന്ന് നമ്മുടെ കിണറ്റിലെ നീരുറവ നിലയ്ക്കും രക്ഷില്ല ഇപ്പൊ നമ്മുടെ കിണറിനരികിൽ വെള്ളമെടുക്കാൻ നമ്മളും കാത്തു നിൽക്കേണ്ട ഗതികേടായി ഈ നാട്ടിൽ ഇത്രേ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് ഇപ്പോഴറിഞ്ഞത് എന്താണ് ജീവിക്കുന്നത് ഓ കിടക്കും പുറത്തേക്കായിരുന്നുള്ള സമയായില്ല നിനക്ക് നമ്മുടെ കിണറിനരലൊന്ന് ചെന്ന് നോക്ക് നിന്നെ പോലുള്ള പെൺകുട്ടികളെ എത്ര അവിടുന്ന് വെള്ളമെടുത്ത് പോകുന്നത് ആ ശങ്കുണ്ണിയുടെ മകൾ ഒന്നരക്കാലം വെച്ച് എത്ര കൂടം വെള്ളം ആ വീടുകളിൽ എത്തിക്കുന്നത് എന്തൊക്കെ ജോലിയാ ആ പെണ്ത്രയും സമയം കൊണ്ട് ചെയ്തത് എന്നാ എന്നെ ഒന്ന് സഹായിക്കാൻ ഇവിടെ ആരാ ഉള്ളത് കിഴക്ക് വെള്ള കയറുമ്പോ തുടങ്ങിയതാ ഞാൻ തനിച്ച് ഞാനും കേട്ടു എന്ത് കിഴക്ക് വെള്ള കയറുന്ന ശബ്ദം കേട്ടില്ലേ എന്തൊരു ശബ്ദ പോലിരിക്കും അച്ഛനും മുത്തച്ഛനും ചേർന്ന് ഭാഷാസിക്കും വീട്ടിൽ കഴിയേണ്ട പെണ്ണാ അങ്ങനെ ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ടോ അത് വിചാരിക്കുമ്പോഴാ എനിക്കൊരുമാതിരി തലകറക്കാൻ വരുന്നത് ഓത്രക്കുത്തരം പറയുന്നത് കേട്ടിട്ട് അച്ഛന്റെ മുമ്പിൽ നിന്ന് ഞാനൊന്നും പറയുന്നില്ല പത്മാവതിയെ ഒരു പക്ഷേ നാളെ നമ്മുടെ സ്നേഹശീലനും ദാനശീലനും എത്തും അവരുടെ ഭാര്യമാരും കുട്ടികളും വന്നുകൂടായകയില്ല രണ്ടു മൂന്ന് ദിവസം അവരിവിടെ ഉണ്ടാവും ജനിച്ചു വളർന്ന വീട്ടില് അവരുടെ അമ്മയുടെ ശ്രാദ്ധലി കൂടാൻ വരികയാണ് അവരേ ഉണ്ടും സുഖിച്ചും ജീവിക്കുന്നവരാ നോക്ക് മോളെ ഒന്നിനൊരു കുറവുണ്ടാവരുത് വർഷത്തിലൊന്നോ രണ്ടോ ദിവസം അച്ഛനോടൊപ്പം കഴിയാൻ വരണതല്ലേ ആ ക്ഷമാശീലന് ഓർമ്മ ഉണ്ടാവുവോ എന്തോ കാര്യൊന്നും പറയുന്നത് കേട്ടില്ല എങ്ങനെ ആ കൊണർന്നിരിക്കുമ്പോ പൊതുവേ സംസാരം കുറവാന്ന് പറയായിരുന്നു കഴിഞ്ഞ ആഴ്ച എല്ലാവരും വന്നപ്പം ഈ തറവാട് ഭാഗിച്ച് പ്രമാണമാക്കിയാ പോയത് ഇത്തവണ എന്താണാവോ ഭാഗിക്കുന്നത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കാനും വേണേ ഒരു യോഗം അതെങ്ങനെയാ രക്ഷപെടണോന്ന് അവനവനെ തോന്നണ്ടേ തലവര തലവര തിലവരോ അക്ഷരമിണ്ടാതിരിക്കുന്നത് കണ്ടോ ഉറക്കിലേ സംസാരിക്കുമെന്ന് പിടിവാശിയാവും ഇങ്ങനെ ക്ഷമിക്കാനുള്ളൊരു കഴിവ് ഈ ഭൂമുഖത്തു മറ്റാർക്കും ഉണ്ടാവില്ല ക്ഷമാശയിൽ നിന്ന് പേര് വിളിച്ചവർ പോലും ഇത്രങ്ങോട്ട് പ്രതീക്ഷ ഉണ്ടാവില്ല ഓ പാലം കുലികളം പറയണത് എത്ര വാസ്തവാണ് എൻ്റെ വരദേവദേ ഇങ്ങനെ ചിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു ബാക്കിയുള്ള ഒരു മനസ്സറിഞ്ഞ് ചിരിച്ച കാലം പറഞ്ഞു ഇനിയിപ്പൊ ഞാനും മോളും കെട്ടിത്തൂങ്ങി ചത്തുന്ന കേട്ടാലും ഇങ്ങനെ ചിരിക്കന്നെയും ഉണ്ടാവുക ും കഴിഞ്ഞ് കിണറിന്റെ ചുറ്റുമതൽ കയറി കിഴക്കു പടിഞ്ഞാറ് നോക്കിയോരോ ഒറ്റയിരുപ്പ ആകാശം കറക്കുന്നുണ്ടോ മരം മുറിച്ച മഴ പെയ്യോ കടല് പറഞ്ഞു പ്രളയം ഉണ്ടാവോ ഇതൊക്കെയാ ഇവിടെ ഒരാളുടെ ആവലാതി ഒരാവലാതില്ലാത്തവർ അലവലാതികളാണ് പത്മാവതി എങ്ങനെയെങ്ങനെ അയ്യോ നിന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് നിനക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഓർത്ത അവലാതി ഉണ്ട് എനിക്ക് ഈ കിണറിന് ചുറ്റും സംഭവിക്കാനുള്ളതിനെ കുറിച്ചുള്ള അവലാതിയും അവധി ഇവിടുന്ന് മൺമറഞ്ഞ് പോയവർ നമുക്ക് വേണ്ടി ശുദ്ധവായുവും ശുദ്ധജലവും കാത്തു സൂക്ഷിച്ചിരുന്നു നമ്മളോ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ എന്താണ് ശേഷിപ്പിക്കുന്നത് നമുക്കു ശേഷം പ്രളയം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം നീ പറയാൻ പോകുന്നത് എനിക്കറിയാം മിനിക്കുട്ടി ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം അതിനു മുമ്പ് നമ്മുടെ അവകാശപ്പെടാൻ നമുക്കൊരു വീട് വേണം പറയാനുള്ളത് എത്ര തവണ പത്തിരുപത് വർഷം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോ ഈ അലക്കുക ഇങ്ങനെ ആയിരുന്നോ അലക്കി അലക്കി ഈ കല്ലിനു വരെ മാറ്റം വന്നു എന്നാ നിങ്ങോ നമ്മുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കുടുംബത്തിൽ നമ്മൾ മാത്രല്ലേ ഒന്നുമില്ലാണ്ട് നിലപരിശ ആയത് അവസാനം ഈ തറവാട് വീട് ഭാഗം വെച്ചപ്പോഴും ഉന്ദം വിഴുങ്ങിയ പോലെ ഒരക്ഷരം ഉണ്ടാതിരുന്നല്ലേ ഉള്ളു നിങ്ങള് ആ ധനിയമാരെ അവര് സമർത്ഥമാരാ പടിഞ്ഞാറ്റവും തെത്തിനിയും വരച്ച അച്ഛനെ കൊണ്ട് എഴുതിച്ചു വാങ്ങിയില്ലേ നിങ്ങക്ക് കിട്ടിയതോ അവശേഷിച്ച ഈ ഊട്ടുപറിയും ആർക്കും വേണ്ടാത്ത ഈ കിണറും എന്റെ ഈശ്വരവാ എത്ര വിലപിടിപ്പുള്ള മരങ്ങളാ പടിഞ്ഞാറ്റകത്തും തെക്കിനയിലും അത് പൊളിച്ചു വിറ്റാ രണ്ട് തലമുറക്ക് കഴിയാനുള്ളത് കിട്ടും പത്മാവതി നിന്റെ അത്യാർത്തി പറച്ചിലൊന്നും നിർത്ത അത്യാർഥിയല്ല അത്യാവശ്യം ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ എന്ന് ആദ്യം കൊണ്ട് പറഞ്ഞു പോവുക ആ അറിഞ്ഞില്ലാന്ന് വേണ്ട നാളെ അനിഞ്ഞമാരെല്ലാം വരുന്നുണ്ട് അമ്മയുടെ ശ്രാദ്ധലി കൂടാൻ ശ്രാദ്ധബലിന്ന് പേരെ ഉണ്ടാവൂ ഈ തറവാട് പൊളിച്ച് വിൽക്കലാവും വരവിന്റെ ഉദ്ദേശം അതോടെ നമ്മൾ ഈ ഊട്ടുപുരയിൽ അന്തി ഉറങ്ങേണ്ടി വരും ഈ കിണറ്റിലെ വെള്ളവും കുടിച്ച് തറവാട് പൊളിക്ക് എന്താ പൊളിച്ചാല് ഊട്ടുപുരയൊഴിച്ച് എല്ലാം പൊളിച്ച് വിൽക്കാനുള്ള അധികാരം അവർക്കില്ലേ ഹേ അച്ഛൻ ജീവിച്ചിരിക്കുക അങ്ങനെ ഒരു അവിവേകം അവര് ചെയ്യില്ല അച്ഛൻറെ കാലം വരെ നമുക്കിവിടെ കഴിയാം പത്മാവതി അപ്പോഴേക്കും ും അതിനുവേണ്ടി ഒരു വിത്ത് നിങ്ങൾ എവിടെയെങ്കിലും നാട്ടിട്ടുണ്ടോ മനുഷ്യ അടച്ചുറപ്പില്ലാത്ത ആ ഊട്ടുപൊരയിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഇക്കാലത്ത് എങ്ങനെയാ താമസിപ്പിക്കുന്നത് പത്രങ്ങളിലും ടിവിയിലും ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എനിക്ക് പേടിയാവുകയാണ് എന്റെ ഭരതകതെ കാത്തുരക്ഷേ നീ എന്ത് പറഞ്ഞിട്ടെന്താ കുഞ്ഞുമോളെ അച്ഛന് സമനില തെറ്റി കഴിഞ്ഞു അച്ഛനും ഇങ്ങോട്ട് വാ എല്ലാ അച്ഛന്റെ തോന്നലാണ് നീ എന്നെ വിട് ഇല്ല എന്താണോ നോക്കുന്നത് എനിക്ക് പ്രാന്തന്യാ ഇല്ലേ എന്താ സംശയ ഇങ്ങോട്ട് നടക്കു എന്ത് പറഞ്ഞിട്ടെന്താ കുഞ്ഞുമോളെ നിന്റെ അച്ഛന് സമനില തെറ്റി കഴിഞ്ഞു ഓ എല്ലാ അച്ഛന്റെ തോന്നലാണ് എല്ലാ വർഷവും കുംഭമാസം പാതി എത്തുമ്പോ എന്റെ താളം തെറ്റാറുള്ളതല്ലേ അച്ഛന്റെ ബുദ്ധിക്ക് ഇപ്പോ ഒരു കുഴപ്പമില്ല അച്ഛൻ ഇങ്ങോട്ട് നടക്ക് വിട് ഇങ്ങോട്ട് നടക്ക എങ്ങോട്ടായി എന്നെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷായിട്ട് എല്ലാ മധ്യവേനൽ അവധിയിലും ഒരു മുടക്കെ തെറ്റാറുള്ളതല്ലേ അച്ഛൻ ശീലം മാമൻറെ ഈ കിണറ്റിലേക്കൊന്ന് നോക്കിയേ സാധാരണ അച്ഛൻറെ സമനില തെറ്റുമ്പോ ഈ കിണറ്റിലെ വെള്ളം രണ്ടു പടവ് താഴാറില്ലേ താഴാറുണ്ടല്ലോ ഈ കിണറ്റിലെ ജലനിരപ്പ് നോക്കിയല്ലേ അച്ഛന്റെ ഭ്രാന്ത് അച്ഛൻ സ്ഥിരീകരിക്കാറ് അതെ എന്നാലും എന്താ അച്ഛനും മകളും കൂടി ഒരു തർക്കം എല്ലാ വർഷവും കുംഭമാസ ചൂടിൽ എന്റെ സമനില അറ്റാറുള്ളതല്ലേ എപ്പോഭവും കഴിഞ്ഞ് മീനം തുടങ്ങി എന്നിട്ടും എനിക്ക് ഭ്രാന്തിൻ ചൂടിൽ ലക്ഷണമില്ല ഇവിടെ ഓരോരുത്തർ ഭ്രാന്ത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക ശങ്കുണ്ടിക്കാണെങ്കിൽ ഭ്രാന്ത് വരാത്തതിലാ വേവലാദി ഇത് ഒരു ഭ്രാന്ത് സമ്മതിച്ചല്ലോ എന്റെ ഒരു വിധി വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന അമ്മ വർഷത്തിൽ ആറു മാസവും ഭ്രാന്ത പിടിച്ച് നടക്കുന്ന അച്ഛൻ ഇവർക്കിടയിൽ ഈ ഒന്നര കാലം കൊണ്ട് ഞാനും എന്റെ ദൈവങ്ങളെ എനിക്കെന്താ ഭ്രാന്തി പിടിക്കാത്തത് മോളെ കൊച്ചു കുട്ടികൾക്ക് ഭ്രാന്ത് വരില്ല ഭ്രാന്ത് വരണെങ്കിൽ ഇച്ചിരി പ്രായവും പക്വതയൊക്കെ വേണ്ടേ അച്ഛനെ പോലെ എന്തിനാ കുട്ടി കരയുന്നത് ഈ അച്ഛന് ഭ്രാന്തായാലെന്ത് ഭ്രാന്തില്ലെങ്കിൽ എന്ത് എന്നെ വല്ല ഗുണമുണ്ടോ നമ്മുടെ കുടുംബത്തിന് അമ്മ നിത്യരോഗി അച്ഛനാണെങ്കിൽ ഒരു പാർട്ട് ടൈം ഭ്രാന്തൻ ഇത് കേൾക്കുമ്പോ കുഞ്ഞുമോക്ക് സമൂഹത്തിൽ നിന്ന് സഹതാപവും സഹാനുഭൂതിയും വേണ്ടുവോളം ലഭിക്കില്ലേ ഒരർത്ഥത്ത് ചിന്തിച്ചാൽ അച്ഛന്റെ ഭ്രാന്തും അമ്മയുടെ രോഗവും വിറ്റ് എങ്ങനെ കാശാക്കാമെന്ന് ചിന്തിക്കേണ്ട കാലമാണിത് എനിക്കിപ്പതല്ലടോ പ്രയാസം നാട്ടിലെല്ലാരും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താ ശങ്കുണ്യേ ഈ വർഷം ഭ്രാന്തില്ലേ ഭ്രാന്തില്ലേ എന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്താ പറയേണ്ട ഈശ്വര ഭാന്തന്വേഷിക്കുന്നവരുടെ മുമ്പില് മാണം കെട്ടു പോകുക മനുഷ്യൻ നിങ്ങക്ക് ചിരിക്കാം ഒരു ഭ്രാന്തന് ഭ്രാന്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യത അതനുഭവിക്കുന്നവർക്ക് മനസ്സിലാവൂശീല നിന്റെ കിണറ്റിലെ ജലനിരപ്പ് കാണുമ്പോ എനിക്ക് ഭ്രാന്ത് എങ്ങനെയാ ഞാൻ ഇങ്ങനെ പോയാ എനിക്ക് ഭ്രാന്ത് പിടിക്കും അതെ ഞാനൊന്ന് കണിയാനെ കണ്ടിട്ട് വരാം കളം വരച്ച് കവടി നിരത്തി കണിയാൻ കൃത്യമായിട്ട് പറയും മോളെ ആരെങ്കിലും ചോദിച്ചാലേ അച്ഛന് തലക്ക് നല്ല സുഖമില്ലാത്ത ആളാന്ന് പറയണേ ശ്രദ്ധിച്ചോണേലെ ക്ഷമാശീലയാകണം ശീലംമാമൻ അറിയോ ഈ കുടങ്ങളിൽ വെള്ളം നിറച്ച് നാലഞ്ച് വീടുകളിൽ എത്തിച്ചാൽ പത്ത് പതിനഞ്ച് രൂപ എനിക്ക് കിട്ടും ആ പണം കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ കുടുംബം നിവർത്തിച്ചു പോരുന്നത് ഈ ഒന്നര കാലം കൊണ്ട് ഓരോ വീട്ടിലും വെള്ളം എത്തിക്കുമ്പോ ആ ദിവസത്തെ പ്രാരാബ്ദത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറുകയാ ഈ കുഞ്ഞുമോൾ ഒരു മഴ പെയ്തിറങ്ങിയാൽ നിലച്ചു പോകുന്ന വരുമാനം മാനത്ത് കാർമേഘങ്ങൾ കൂടുന്നത് കാണുമ്പോ ഈ കുഞ്ഞുമോളുടെ മനസ്സിലാണ് ഇടിയും മിന്നിലും ഒരു മഴ ഈ മണ്ണും മനസ്സും കുളിരുന്നതും കാത്തിരിക്കും അമ്മയ്ക്ക് മരുന്ന് വാങ്ങണ്ടേ കുഞ്ഞുമോൾക്ക് െട്ടി ഈ കിണറ്റിലെ വെള്ളം കുഞ്ഞുമോളുടെ ജീവിതത്തിനെങ്കിലും ആശ്വാസമാകുന്നു എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കുട്ടി വളരെ വളരെ സന്തോഷമുണ്ട് എന്റെ കുട്ടികളാവും ക്ഷമാശീല ഓ പത്മാവതിയേ ഇതെല്ലാവരും എവിടെ പോയി കിടക്കുക മോളെ മിനിക്കുട്ടിയേ എന്തോ ആ അങ്ങട്ട് വാ കുട്ടിയേ ദാദാ നോക്ക് നിന്റെ ചെറിയ അച്ഛന്മാരും അത് വരെയാണ് ചെറിയ അച്ഛന്മാര് തനിച്ചാണല്ലോ മുത്തച്ഛർമ്മത്നികളും കുഞ്ഞു കുട്ടികളും കൂടെ ഇല്ലല്ലോ ഓ നിന്ന് സംസാരിക്കാണ്ട് അങ്ങനെ ചെന്ന് ആ ബാഗൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കേ മുത്തച്ഛൻറെ ഒരു സന്തോഷം എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കും കുട്ടിയെ വർഷത്തിൽ ഒരിക്കലും വരുന്നവരല്ലേ എന്റെ സ്നേഹശീലനും ദാനശീലനും ഒക്കെ മുത്തച്ഛന്റെ ശീലന്മാരായ മക്കളിൽ മഹാശീലന്മാർ ഏർത്തി ആ ചെറിയ ഞാൻ ഇങ്ങോട്ട് ആദരിച്ച ആനയിച്ച് എഴുന്നൊള്ളിച്ചോളാമേ ചെറിയച്ചന്മാർക്ക് ഹൃദ്യമായ സ്വാഗതം ഊഷ്മളമായ സ്വാഗതത്തിൽ ഹൃദയം നിറഞ്ഞ എന്താണാവോ ചെറിയച്ഛന്മാരുടെ ആഗമന ഉദ്ദേശം ശ്രാദ്ധബലി അമ്മയുടെ ശ്രാദ്ധബലി പിന്നെ ഈ മിനിക്കുട്ടിയെ കാണുക രണ്ടു മൂന്ന് ദിവസം അച്ഛന്റെ കൂടെ കളിച്ച് രസിച്ച് ജീവിതം ഉല്ലാസപ്രദമാക്കി തിരിച്ചു പോവുക അത്രതന്നെ അത് നമ്മുടെ ശങ്കുണ്ണിയല്ലേ ഇയാക്കിത്തവണ ഭ്രാന്തില്ലേ ഭ്രാന്ത് വരാത്തിന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഈ ശങ്കുണ്ണിയെ സ്നേഹശീലനും ദാനശീലനും നാട്ടിലെത്തിന്ന് കേട്ടപ്പോട്ട രണ്ടുപേരും നിങ്ങോട്ട് വന്നേ എന്താ ശങ്കുണ്ണി അതെ ആരെങ്കിലും ദേഹോപദ്രവും ചെയ്യാം വന്നാല് തലക്ക് സുഖമില്ലാത്ത ആളാണെന്ന് പറയണേ അതിന് ശങ്കുണ്ണിക്ക് ഇപ്പോ ഒരു കുഴപ്പമില്ലല്ലോ കണ്ടോ എല്ലാരും ഇങ്ങനെ പറയാൻ തുടങ്ങിയ ഞാൻ എന്താ ചെയ്യ ഒരു നോക്കി ഇങ്ങനെ നിനക്ക് ഭ്രാന്തില്ലെന്ന് പറയണത് മഹാപാപല്ലേ അല്ല ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിന്നാ മതിയോ മുത്തച്ഛൻ അവിടെ നിലത്ത് കാലുറക്കിയാതെ ചെറിയച്ചമാരെ കാത്തു നിൽക്കുക എങ്കിലും നീയും പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇരുപത്തഞ്ചു റുപ്യ വേണമായിരുന്നു ഏ ഞങ്ങളിൽ ആരോടാ ചോദ്യം ദാനശീലനോടാണോ അതോ ഈ സ്നേഹശീലനോടാണോ അതിപ്പോ അതിപ്പോ ആരായാലും ഇരുപത്തി അഞ്ചു കാര്യല്ലേ എന്നാലും ഞങ്ങളിൽ ആരിൽ നിന്നാണ് ശങ്കുണ്ണി പ്രതീക്ഷിക്കുന്നത് ആ പറ പറ അതിപ്പോ സ്നേഹശീലനായാലും മതി ശങ്കുണ്ണി എന്തിനാ എന്നെ കെട്ടിപ്പിടിക്കുന്നത് ശങ്കുണ്ണി നിന്റെ ജീവിതം നരകതുല്യം തന്നെയാ അതോർക്കുമ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോവ എന്തു ചെയ്യാം ശങ്കുണ്ണി നമുക്കെല്ലാം ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രമല്ലേ പറ്റൂ സ്നേഹമാണില സാരമൊഴിയിൽ ശങ്കുണ്ണി ശങ്കുണ്ണി സ്നേഹശീലന് സ്നേഹിക്കാൻ മാത്രേ അറിയൂ ദാനം ചെയ്യാറ് ओ। ओ। दारे दा, दारे दा, दारे दा। <laughs> ീ നിൽക്കുന്ന ദാനശീലനാ അങ്ങോട്ട് ചോദിച്ചോളൂ അങ്ങോട്ട് ചോദിച്ചോളൂ കാരണം സ്നേഹമാണെങ്കിലും ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാ അതെ ദാനശീലം തന്നാലും മതി പരോപകാരം പുണ്യം അന്യനെ സഹായിക്കണം അതെനിക്ക് നിർബന്ധമുള്ള കാര്യം അതുകൊണ്ടാണല്ലോ അച്ഛൻ എനിക്ക് ദാനശീലൻ എന്ന് പേരിട്ടത് ആ ഇതാ ഈ പേഴ്സ് തന്നെ വാങ്ങിക്കൊണ്ടു അയ്യോ അത് മടിക്കണ്ട വാങ്ങിക്കൊള്ളു ദാനം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ലിമിറ്റേഷനും ഇല്ല ആ ശുണ്ണി വൈകിട്ട് തറവാട്ടിലേക്ക് വന്നോളൂ ഞാൻ പെട്ടെന്ന് വരാ വരൂ വീട്ടിലേക്ക് നടക്ക എന്നാലും പേഴ്സ് മുഴുവനായിട്ട് അങ്ങ് കൊടുക്കേണ്ടതില്ലായിരുന്നു ചെറിയച്ച മറ്റുള്ളവരുടെ പ്രാരാബ്ദങ്ങൾ കേട്ടാൽ എന്റെ മനസ്സങ്ങ് അലിഞ്ഞു ആരെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടാൽ അതെത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ഞാനെടുത്ത് അങ്ങ് കൊടുത്തു പോകൂ കഴിഞ്ഞ ദിവസം ഒരു പാവം മനുഷ്യൻ സമയത്രയായിന്ന് ചോദിച്ചു വേഗം ഞാനെന്റെ വാച്ച് അഴിച്ച് അയാൾ കങ്ങ് കൊടുത്തു നമ്മളെ കൊണ്ടിപ്പോ അത്രക്കൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ ഇങ്ങനെ ദാനം ചെയ്താൽ ചെറിയ ദരിദ്രനായി പോവില്ലേ ദാനശീലൻ എന്നല്ലേ ഈ ചെറിയച്ഛന്റെ പേര് അപ്പൊ പിന്നെ ദാനം ചെയ്തല്ലേ പറ്റൂ ോഷമാവില്ലേ മോളെ ഒരൊച്ച മതമുണ്ടുലകിന്നു പ്രേമതം ഒന്നല്ലോ പരക്കെ നമ്മെ പാലമൃദട്ടും പാർവണശി ബിംഹോ സ്നേഹിക്കുന്ന കാര്യത്തിൽ അത് ഞാൻ കേട്ടിട്ടുണ്ട് ചെറിയ ഓഫീസിലെ ആരായിരുന്നു എന്തായിരുന്നു പേര് ആ നാൻസി ജോസഫ് അവരുടെ അടുത്ത് സ്നേഹം വിളമ്പിയതും അവരുടെ ഹസ്ബൻഡ് ചെറിയ റൂമിൽ വന്നതും നിർത്തു കേൾക്കും കുശലം പറച്ചിലൊക്കെ ഈ വഴിയിൽ വെച്ച് വേണോ അച്ഛ എന്തിനാ അച്ഛന്റെ എന്റെ കുട്ടികള് തെറ്റും ചെയ്തോ ഇതുവരെ തെറ്റും അങ്ങനെ തെറ്റും സംഭവിച്ചു പോയാലോ എന്ന് കരുതി അഡ്വാൻസ് ആയിട്ടൊന്ന് പിടിച്ചു പോയത് അച്ഛ കഴിഞ്ഞ തവണ രണ്ടുപേരും അച്ഛന്റെ കാലു പിടിച്ചപ്പം ആർക്കും കാലുപിടിയുടെ ഉദ്ദേശം പെടിയില്ലായിരുന്നു പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഈ തറവാട് ഭാഗിച്ച് പ്രമാണം നിങ്ങൾ കൈക്കലാക്കി ഇത്തവണത്തെ കാലിവിടിയുടെ ഉദ്ദേശം എന്താണാവ് ഏട്ടൻ എവിടെ ഏടത്തിട്ടുമുണ്ട് എന്തോശ്വര്യമായിരുന്നു ഏടത്തിയുടെ മുഖത്തിന് നമ്മുടെ ഏട്ടൻ ഏട്ടത്തിയുടെ കൈപിടിച്ചു വന്ന ദിവസം ഇപ്പോഴും എന്റെ കൺമുന്നിൽ തെളിയ അമ്മ അഞ്ചുതിരിയിട്ട നിലവിളക്കുമായി ഈ ഏടത്തിയെ സ്വീകരിച്ചപ്പോൾ യുടെ മുഖശ്രീ കൊണ്ട് അമ്മയുടെ കയ്യിലെ നിലവിളക്ക് നിഷ്പ്രഥമായി പോയില്ലേ ആ പറഞ്ഞത് വാസ്തവം കേട്ടോ എടത്തി സത്യത്തിൽ എല്ലാ വർഷവും ഞാൻ ഇവിടെ ഓടിയെത്തുന്നത് ഏടത്തിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചക്രപ്രഥമൻ എന്താ അതിന്റെ ഒരു രുചി അത് കഴിക്കുമ്പോ സത്യത്തിൽ ഏടത്തിയെയും എടുത്തോണ്ട് ഈ ലോകം മുഴുവൻ ഒന്ന് ഓടിയാലോന്ന് തോന്നി പോകാറുണ്ട് എടുത്തോണ്ട് ഓടിക്ക പത്മാവതി സംസാരക്കനി പിന്നെ ഇവർക്ക് യാത്രാ ക്ഷീണം കാണും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കേ നമ്മുടെ ശങ്കുണ്ണിയോ ഓടി വരുന്നത് എന്നാലും എന്റെ ദാനശീല നീ ഇങ്ങനെ ദാനം ചെയ്യരുത് നീ തന്ന പേഴ്സുവായി ഞാനൊരു ഹോട്ടലിൽ കയറി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു കൊറച്ച് വീട്ടിലേക്കും വാങ്ങി പണം കൊടുക്കാനായി പേഴ്സ് എടുത്ത് തുറന്നപ്പോഴല്ലേ അതിനകത്ത് വെറും നാപ്പത് പൈസയെ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ എല്ലാം പേഴ്സോടെ ദാനം ചെയ്തത് ഉത്തശിന്റെ മക്കൾക്ക് സത്യശീലൻ എന്ന പേര് വിളിക്കാതിരുന്നത് ഏതായാലും നന്നായി നടക്കാത്തോരോ സ്വപ്നങ്ങള് ഇത് വെറു സ്വപ്നങ്ങളല്ല കുഞ്ഞുമോളെ ഈ മിനിക്കുട്ടി വളരെ പ്രാക്ടിക്കലാണ് ദാ ഇങ്ങോട്ട് നോക്കിയേ സാമാന്യം തെറ്റില്ലാത്ത സൗന്ദര്യം ഇല്ലേ എനിക്ക് ഓ ഉണ്ട് ഈ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഒരു കോന്തൻ ഒരു ദിവസം എന്നെ തേടി വരാതിരിക്കോ കോന്തനോ ഈ സുന്ദരി പെണ്ണിന് ഒരു സുന്ദരം തന്നെ വേണ്ടേ വേണമെന്നില്ല പക്ഷേ ഒരു പണച്ചാക്കായിരിക്കണം ഊ സ്വന്തമായൊരു ബംഗ്ലാവും കാറും ചെത്തി നടക്കാൻ മനസ്സുള്ള ഒരാളെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഒരു പണച്ചാക്ക് നിന്നയും തേടി വരാൻ ഈ വീട്ടിൽ എന്താ ഉള്ളത് പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്ന എന്റെ ഈ സൗന്ദര്യം അല്ലാതെ അച്ഛന്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ട് എന്നെ സ്വീകരിക്കാൻ ആരും വരില്ലെന്ന് എനിക്കറിയാം മിനിക്കുട്ടി ആ കഥ പറഞ്ഞു ഇങ്ങോട്ട് വരുമോ ഇതാ വരുന്നോ ചെറിയച്ചന്മാര് വന്നിട്ടുണ്ട് അമ്മയുടെ ജോലി കൂടി ുട്ടി അടുക്കളയിലേക്ക് കേട്ടോ പുകയടിച്ച സൗന്ദര്യം കുറഞ്ഞു പോകും ഓ നീ കളിയാക്കൊന്നും വേണ്ട ഇനി ഇപ്പൊ അമ്മ വയ്യാതെ കിടന്നാ പോലും ഞാൻ അടുക്കളയിൽ കയറുന്ന പ്രശ്നമില്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടി സ്വഭാവ അല്പം ചീത്തയാകേണ്ടി വന്നാൽ പോലും എനിക്ക് എന്റെ ജീവിതം തന്നെയാ മോളെ വലുത് ഓ മക്കളേ എല്ലാരും കൈ കഴുകിയിട്ടിങ്ങനാ എന്റെ കുട്ടി ഇവിടെ ഇരിക്കു ആ സ്നേഹശീല ആ മോ ഇവിടെ ഇരിക്കേണ്ട മോളെ എന്റെ മുത്തച്ഛ അമ്മ എവിടെ പത്മാവതി അത്താഴത്തിനെന്താന്ന് വെച്ചാ അങ്ങട്ട് എടുത്തോളാ ഇന്നത്തെ അത്താഴം എന്റെ മക്കളോടൊപ്പ ജ്യേഷ്ഠനെവിടെ മിനി കുട്ടി അച്ഛനെ വിളിക്ക് അച്ഛന് കഞ്ഞിയല്ലേ മോളെ ഇന്നത്തെ ദിവസം ഇവരെന്താ കഴിക്കണേച്ചാ അത് മതി അച്ഛനും കൊണ്ടുപോവാൻ ചെറിയമ്മ ഭക്ഷണൊന്നും തരാറില്ലേ എടത്തിടെ കൈപ്പുണ്യൊന്ന് വേറെ തന്നെയാ മോളെ ജ്യേഷ്ഠൻ എവിടെ ക്ഷമാശീല എവിടെ നോക്കുട്ടിയെ മുറ്റത്തുണ്ടേ ഓ എന്തെടുക്ക അവനവിടെ ആകാശത്തിലൂടെ നിലാവെളിച്ചത്തിൽ നീങ്ങുന്ന കാർമേഘങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ അച്ഛൻ നിരീക്ഷണത്തിന്റെ ഭാഗമായിരിക്കും നമ്മുടെ ഏട്ടൻ ഒരു ഉൾക്കണ്ട ഇല്ല പക്ഷേ വരണ്ട ഭൂമിയും മഴ മേഘങ്ങളില്ലാത്ത ആകാശവും അതാ ജ്യേഷ്ഠനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്നീ ചെന്നിട്ടേ അവൻ ഞാൻ വിളിക്കണമെന്ന് പറയാ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാലത്രയായിരുന്നു ഇനിയും ആ ഇതാ ഏട്ടൻ വന്നല്ലോ പുറത്ത് നിരാവു ഭൂമിയെ കാണാൻ നല്ല ഭംഗിയാ കൊറച്ചു സമയം ഞാൻ അവിടെ നിന്നു പോയി അല്ല എന്നെ പക്ഷേ അല്ലേ കൊണ്ടുപോന്നേ വന്നു ജ്യേഷ്ഠൻ ഇവിടെ ഇരിക്കുക അച്ഛന്റെ അരികിൽ ഇങ്ങനെ ഒരുമിക്കുമ്പോ നമ്മുടെ അമ്മയുടെ സാന്നിധ്യം ഭൂമിയെ പോലെ സർവസഹയായ നമ്മുടെ അമ്മ ഭര ഒന്നുമില്ല നെഞ്ചിൽ എവിടെയോ ഒരു ഒന്ന് ഒന്ന് തകട്ടിയ പോലെ പെട്ടെന്ന് വല്ലാത്തൊരു ഇച്ചില് രാത്രി കഞ്ഞിയാണല്ലോ പതുവ് പദ്യം തെറ്റിയത് കൊണ്ടാവൂ ഒന്നുമില്ല ഒന്നുമില്ല വിളമ്പിക്കോ ഓ എടു ആ ചമ്മന്തി ഒരൽപം കൂടി മതിയോ ഒരല്പം കൂടിയ ആവാ അമ്മ എങ്ങാ ചെറിയ ഞാൻ വിളമ്പ എന്റെ കുട്ടിയേ ആ ചമ്മന്തി ഒക്കെ കൂടിയാണ് വിളമ്പ് ചെറിയ രാത്രി തീരട്ടെല്ലാവരും ഉണ്ടല്ലോ ഗൗരവമായൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത്താഴത്തിന് ശേഷം ഗൗരവപ്പെട്ടതൊന്നും പറയരുതെന്ന് ആ ശാസ്ത്രം അതിന് അത്താഴം കഴിഞ്ഞില്ലല്ലോ അച്ചാച്ചി ചാച്ചി ഇങ്ങോട്ട് വിളമ്പിക്കോളൂ നാളെയും സമയമുണ്ടല്ലോ സ്നേഹശീല കാലത്ത് ശ്രാദ്ധലി കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോരേ ഞാനും സ്നേഹശീലനും നഗരത്തിൽ ജീവിക്കുന്നവരാ ഞങ്ങളുടെ ജീവിതം പ്രോക്കലെ സെക്കൻഡ് സൂചി പോലെയാ വിശ്രമുണ്ടാവില്ല ഇന്ന് തന്നെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ നാളെ ബലി കഴിഞ്ഞാലുടനെ ഞങ്ങൾക്ക് അടുത്ത നടപടികളാവാല്ലോ നടപടികളോ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയുക പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വന്നതിൽ ഞങ്ങൾക്കും പ്രയാസമുണ്ട് എന്ത് തീരുമാനം എന്താണെന്നു വെച്ചാ ഒന്ന് തെളിച്ചു പറയാ ഇവിടെ അന്യരായിട്ട് ആരും ഇല്ലല്ലോ കാര്യം പറയാൻ നിങ്ങൾക്ക് ഒരു മുഖപരിയുടെ ആവശ്യമുണ്ടോ ഈ തറവാട് ഞങ്ങള് പൊളിച്ചു വിൽക്കാൻ തീരുമാനിച്ചു ഞാൻ ജീവിച്ചിരിക്കെ ഇത് പൊളിച്ചു വിൽക്ക് അതെ വിൽക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ കച്ചവടത്തിന് ആള് വരുമ്പോ ഒരു പ്രയാസവും വെച്ചാ ഇപ്പഴേ പറഞ്ഞത് ഓഹോ അപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാ വന്നതല്ലേ അതെ ഇങ്ങനെ ഒരു എടുക്കുമ്പോ ക്ഷമാശീലനും പത്മാവതിയും മെനിക്കുട്ടിയും ഈ വൃദ്ധനും എവിടെ താമസിക്കണോന്നൊന്നും നിങ്ങള് തീരുമാനം എടുത്തു കാണുമല്ലോ അതേ പറ്റിയൊന്നും ചിന്തിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല നമ്മളെ പറ്റിയൊക്കെ ഓർക്കാൻ ഇവർക്ക് എവിടെയാണ് അച്ഛാ സമയം ഹാ ഞാൻ എഴുന്നേൽക്കുന്നു നീ ഇവിടെ ഇരിക്കേ വലതും കഴിച്ചിട്ട് ഇന്നത്തെ അത്താഴം തൃപ്തിയായ തൃപ്തിയായി പയറും മനസ്സും നിറഞ്ഞു തുളുമ്പോഴ ഈ തറവാട് പൊളിക്കുന്നതിനു പറ്റി അച്ഛനൊന്നും പറയാനില്ലേ അതും ചെറിയ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്നാണോ മോളെ എഴുതപ്പെടാത്ത ഈ ബന്ധങ്ങളെക്കാൾ എഴുതപ്പെട്ട പ്രമാണങ്ങളാണല്ലോ നിന്റെ ചെറിയമാർക്ക് വലുത് പിന്നെ എന്തിനാ കുട്ടി സ്നേഹം വാർന്നുപോയ വാക്കുകൾ കൊണ്ടൊരു തർക്കം ക്ഷമാശീല നീ പോവാണോ നീ ഇങ്ങനെ എല്ലാം നെഞ്ചിലേറ്റി ക്ഷമിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഭാര്യയും കുട്ടിയും വഴിയാധാരായി പോവില്ലേ മോളെ മുത്തച്ഛൻ തെറ്റേറ്റ് പറയുക ും മുത്തും ഏത് ശപിക്കപ്പെട്ട നേരത്താന്റെ അത്താഴം അലസി പിരിഞ്ഞല്ലോ ചെറിയ തന്നെ ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാ ആ ഇനി ഞങ്ങൾക്കായിട്ട് അത്താഴമൊന്നും വേണ്ട കഴിക്കണം മിനിക്കുട്ടിയാ പറയണത് എല്ലാ ദുരന്തങ്ങളും സ്വയം നെഞ്ചിലേറ്റി ക്ഷമിക്കുന്ന അച്ഛനല്ലേ ഇത് സ്വന്തം പരിതാപങ്ങൾ ഒരു പഴം കഥ പോലെ പാടി ആശ്വാസം കണ്ടെത്തുന്ന അമ്മയുമല്ല ജീവിതത്തെ വളരെ പ്രായോഗികമായി നോക്കിക്കാണുന്ന മിനിക്കുട്ടിയാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ നിറക്കിവിട്ട് ഈ തറവാട് പൊളിച്ചു വിൽക്കാമെന്ന് ആരും കരുതണ്ട മിനിക്കുട്ടി നീ ആരോടാ സംസാരിക്കുന്നത് നോർക്കണം ഈ തറവാടിന്റെ പ്രമാണം ഞങ്ങളുടെ പേരില്ല അതെന്ത് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെറുതെ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കാൻ വരരുത് സ്നേഹശീലം പറയാം ഇവിടുത്തെ പടിഞ്ഞാറ്റകവും അതിനകത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളും എനിക്ക് അവകാശപ്പെട്ടതാ എന്ന് വെച്ചാ അതിനകത്തെ കട്ടിലും മേശയും തുടങ്ങി കിണ്ടിയും കോളാമ്പിയും വരെ ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് ഞാൻ കൊണ്ടുപോയി അതങ്ങ് വിൽക്കും പടിഞ്ഞാറ്റകത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ ചെറിയ മണിപ്പൂർവ്വം മറന്നുപോയ ഒന്നുകൂടി ഉണ്ട് എന്റെ മുത്തശ്ശൻ അത് എന്ത് ചെയ്യാനോ ഉദ്ദേശം എള്ളും പൂവും ചന്ദനോ മൂന്ന് പ്രാവശ്യം ആ ഇനി തീർത്ഥം മൂന്ന് പ്രാവശ്യം ആ ഇനി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് മൂന്നു വിള്ള ചോറ് കുറച്ചോട് കൈകൾ നനച്ച് അടിച്ചോളൂ എല്ലരുടെയും മുഖത്ത് എന്താ ഇത്ര കനം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഞങ്ങളത് ചെയ്യുകയും ചെയ്യും അത്ര സ്വന്തമെന്നും ബന്ധമെന്നും പറഞ്ഞ് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം പണം അതെ അതിനുള്ള വഴി അവനവൻ തന്നെ കണ്ടെത്തണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങളില്ലേ ഏട്ടനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ടുപറ്റോ കേട്ടോ മോളെ മിനിക്കുട്ടി നീ ഇത്തിരി പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവളല്ലേ പണം ഉണ്ടെങ്കിലല്ലേ ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂ മോളെ ചെറിയമാർക്ക് ചെറിയമ്മമാരെയും കുട്ടികളെയും നല്ല നിലയിൽ നോക്കണ്ടേ അതിനുള്ള പണം ഞങ്ങൾ തന്നെ കണ്ടെത്തിയല്ലേ പറ്റൂ അതെ ഏട്ടൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ നിസ്സംഗത എന്താ ചെയ്യാ തറവാട് ഭാഗം വെച്ചപ്പോ ഏട്ടൻ ഒരഭിപ്രായം ഇല്ലായിരുന്നു ഇക്കാലത്ത് കരയുന്ന കുട്ടിക്ക് പാലുള്ളു ഏട്ട എന്താ ആരും ഒന്നും ഇണ്ടാത്തത് അത് എനിക്കും ചോദിക്കാനുള്ളത് രക്ഷപ്പെടാനാണെങ്കിൽ ഏട്ടന്റെ മുന്നിൽ ഇനിയും മാർഗങ്ങളുണ്ട് അതെ പക്ഷേ ഈ സ്വഭാവം മാറ്റണം തയ്യാറാണെങ്കിൽ മിനിക്കുട്ടിയുടെ പുതിയ ബിസിനസ്സാ ഈ ബിസിനസ് കൊണ്ട് കോടീശ്വരന്മാരായവർ നഗരത്തിലുണ്ട് എന്ത് ബിസിനസ് ആ ചെറിയ ഇപ്പൊ നമ്മുടെ കിണറ്റിൽ നിന്നും നൂറുകണക്കിന് കുടുംബങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ടല്ലോ ആദ്യം അത് നിർത്തണം എന്നിട്ട് പണം വാങ്ങി വെള്ളം വിൽക്കണം വെള്ളം വിൽക്ക് നാട്ടും പുറത്ത് ജീവിക്കുന്നവർക്ക് ഇക്കാലത്ത് കുടിവെള്ളത്തിന്റെ വിൽപ്പന സാധ്യത എത്രയാന്ന് അറിയില്ല ഇപ്പോഴേ ഉറവ പറ്റാത്ത കുടിവെള്ളം കുപ്പിയിലാക്കി വിറ്റ് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക അതിന് വിവരം വേണ്ടേ വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധനികൻ ഉറവ ഒരു കിണർ സ്വന്തമായിട്ടുള്ളവനായിരിക്കും മതി പ്രസംഗിച്ചത് കുടിവെള്ളം വിറ്റ് ഈ കുടുംബത്തിനൊന്നും ആവണ്ട കണ്ടോ കണ്ടോ ഈ താ കൊഴപ്പം വെള്ളം വിൽക്കുന്നത് വലിയ അപരാധൊന്നുമല്ല രാജ്യങ്ങൾ തമ്മിൽ നദീജലം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നില്ലേ പച്ചവെള്ളം കുപ്പിയിലാക്കി വിൽക്കാൻ തുടങ്ങിയിട്ട് കാലെത്രയായി നഗരത്തിൽ കഴിയുന്ന ഞങ്ങൾ പൈപ്പ് വെള്ളം പണമടച്ച് വാങ്ങുന്നവരാ കാര്യം പറയാം കാലത്തിനനുസരിച്ച് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെടും അത് മറക്കണ്ട മാറിക്കോളൂ എല്ലാവരും കാലത്തിനനുസരിച്ച് മാറിക്കോളൂ പക്ഷേ ജന്മം കൊണ്ട് നമുക്കെല്ലാം ഒരു കോലമുണ്ട് അത് മനുഷ്യാണ് ആ രൂപവും വെച്ച് ഒരു മൃഗത്തെക്കാൾ നികൃഷ്ടനാവാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ കാരണം ഏട്ടനെ കൊണ്ട് അതിനൊന്നും പറ്റില്ല പകരം മറ്റൊരു നിർദ്ദേശം വെക്കട്ടെ പടിഞ്ഞാറ്റകവും തെക്കിനിയും ഏട്ടനെടുത്തോളൂ അത് പൊളിച്ചു മരങ്ങൾ വിച്ചാൽ ഏട്ടന് നല്ലൊരു വീട് വെക്കാം ബാക്കി വരുന്ന പണം കൊണ്ട് മിനിക്കുട്ടിയുടെ വിവാഹവും നടത്താം മക്കളേ നിങ്ങൾ സത്യമാണോ ഈ പറയണത് ഞങ്ങള് പറഞ്ഞത് ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാ ശരിയാ ചെറിയ സത്യാണ് പറയുന്നത് നിനക്ക് എന്താ സംശയം ഒന്നും ഇങ്ങനെ ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകി പക്ഷേ ഏട്ടന്റെ പേരിലുള്ള ആ കിണറും കൂട്ടു വരെയും ഞങ്ങൾക്ക് തരണം അത് നിങ്ങൾ എടുത്തോളൂ സമ്മതം തരേണ്ടത് ഏട്ടനാണ് എന്താ ക്ഷമാശീല നീ ഒന്നും പറയാത്തത് സമ്മതമാണെന്ന് പറയാ എന്താ ഒന്നും മിണ്ടാത്തത് സമ്മതാണെന്ന് പറഞ്ഞൂടെ ക്ഷമാശീല സമ്മതാണെന്ന് പറഞ്ഞ സമ്മതമല്ല റ്റാത്ത നമ്മുടെ ഈ കിണറ് സ്വന്തം പേരിലാക്കി കുടിവെള്ളം വിൽക്കാനുള്ള ഈ നീക്കത്തിന് ക്ഷമാശീലൻ അനുവദിക്കില്ല ഒരു കുടിവെള്ളം ഞങ്ങൾ വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ ചെയ്യും ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല ഒരാൾ നന്നാവില്ലെന്ന് സ്വയം സാഠ്യം പിടിച്ചാൽ ആരു വിചാരിച്ചാലും അയാളെ സഹായിക്കാനാവില്ല അതെ ഇത്രയും പറഞ്ഞത് ഏഴത്തെയും മിനിക്കുട്ടിയെയും ഓർത്ത സ്വന്തം ഭാര്യയെയും മക്കളെയും മറന്നുകൊണ്ടുള്ള ഈ വിശാല വീക്ഷണം ഏട്ടനെ അപകടത്തിലേക്കേ എത്തിക്കൂ നോക്കൂ കുറച്ചുകൂടി സമയം തരാം പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുക ഇല്ലെങ്കിൽ നാളെ തന്നെ ഈ തറവാട് പൊളിച്ചു വിൽക്കുന്ന നടപടിയിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി ഊട്ടുപുരയിൽ അന്തി ഉറങ്ങാനാണ് യോഗമെങ്കിൽ എന്താ ചെയ്യാ സമ്മതാണെന്ന് പറയൂ അച്ഛ മോളെ നമ്മുടെ കിണറ്റിലെ വെള്ളം വിറ്റ് കിട്ടുന്ന സൗഭാഗ്യം നമുക്ക് വേണോ പത്തിരുന്നൂറ് കുടുംബങ്ങളുടെ ശാപം വില കൊടുത്തു വാങ്ങണോ നമ്മൾ നമ്മൾ അതിന് വെള്ളം വിൽക്കുന്നില്ലല്ലോ കിണറും ഊട്ടുപുരയും ചെറിയച്ചന്മാർക്ക് കൈമാറിയിട്ട് തറവാട് നമ്മൾക്ക് കിട്ടുകയല്ലേ ചെയ്യുന്നത് മോളെ അവർ കിണറ്റിലെ വെള്ളം വിൽക്കും അവരെന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് എന്താ ഒന്നുമില്ലേ ഒന്നുമില്ലേ നീ ഒന്ന് നമ്മുടെ കുഞ്ഞുമോള് അവളുടെ കുടുംബം പുലർത്തുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളം പല വീടുകളിലും എത്തിച്ചാണ് എന്ന് വെച്ചാൽ നമ്മുടെ കിണറ്റിലെ വെള്ളം കൊണ്ട് കുഞ്ഞുമോൾക്ക് ജീവിക്കാം നമുക്കത് പാടില്ല കുഞ്ഞുമോൾക്ക് വേണമെങ്കിൽ കുടിവെള്ളം വിൽക്കാം ഞാനും അമ്മയെ എങ്ങനെ ജീവിച്ചാലും അച്ഛനും ഒന്നുമില്ലല്ലോ കുഞ്ഞുമോള് വെള്ളം വിൽക്കുകയല്ലോ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള കൂലി വന്നുകെ രണ്ടും ഒന്ന് തന്നെയാ അച്ഛൻ ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ ചെറിയ തറവാട് പൊളിക്കൂ നമ്മൾ ആ ഊട്ടുപുരയിൽ കഴിയേണ്ടിയും വരും ഒരു കാലത്ത് ഒരുപാട് അമ്മയ്ക്കൊപ്പം ഈ മിനിക്കുട്ടി ഊട്ടുപുരയിലേക്ക് കയറില്ല പകരം അച്ഛൻ ആർക്കും വിട്ടുകൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ മിനിക്കുട്ടി ഒരു തീരുമാനം എടുക്കാതെ ഇവിടെ വന്നിരിക്കുക എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും എന്ന് വെച്ചാ ഞാനും ജീവിതാവസാനം വരെ അല്ലേ ഈ കിണർ കൂട്ടുപറിയുന്താ നീക്കം പറഞ്ഞു മഹാണ്ട നിങ്ങളെ ഉറക്കെ തന്നെ പറഞ്ഞോളീന്തായത് ഞമ്മളിപ്പം വെറും മൂസല്ലാറ മൂസ ആ നിങ്ങളെപ്പോലെ തന്നെ ഞമ്മക്ക് ഞമ്മളെ പാപ്പ് ആർക്കും വേണ്ടാത്ത ഒരേക്കർ പാറയനും പാറപ്പുറത്ത് എന്ത് കുരുമാലും നട്ടുപരത്തുന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പാറ കോടർ വരുന്നത് ഏഹ് ഞമ്മളെ പാറ പൊട്ടിച്ചു കായുണ്ടാക്കി മാത്തിരല്ല ഞമ്മളൊരു ബംഗളാവും വെച്ച് ഒരു കാറും കിട്ടിയതുകൊണ്ട് എങ്ങനെ കായുണ്ടാക്കണോന്ന് ഇക്കാലത്ത് ഞമ്മള് ചിന്തിക്കേണ്ടത് ഏഹ് എവിടെ വീണാലും അവിടെ നിന്നൊരുതരി മണ്ണും കൊണ്ടേ ഞമ്മൾ അതാണ് പാറമൂസ അപ്പൊ ഞമ്മളിപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താന്ന് ഈ തറമാട് പൊളിച്ചു ബുക്കുകളുണ്ട് ചില സുഹൃതി ഒക്കെ കേട്ടു ഏഹ് ആ ഒന്ന് കച്ചവടം അയക്കാലോ എന്ന് വിചാരിച്ചു വന്നതാ എവിടെ അങ്ങനെ അനുസന്മാര് നോക്കട്ടെ ഏഹ് കേട്ടില്ലേ ഇക്കാലത്ത് ജീവിക്കണമെങ്കിൽ ഇച്ചിരി ചുണ വേണം ആ മൂസനെ കണ്ടു എന്തിനാ എങ്ങനെയാ കരയുന്നത് ഇനിക്കുട്ടി എന്റെ അച്ഛൻ്റെ രണ്ടും കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ അച്ഛപ്പൽപ്രാവതി അച്ഛൻ കിടക്കുന്ന പടിഞ്ഞാറ്റകത്തേക്കുള്ള വഴി കാണിച്ചതാ എനിക്കിന്ന് എന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കാം ഞാനിവിടെ ഉണ്ട് കുട്ടിയെ നിന്റെ അരികിലേ അച്ഛ അച്ഛന്റെ നെഞ്ചിലേക്ക് ഈ മുഖമൊന്ന് അമർത്തിപ്പിടിക്കുന്നു എന്തിനാണ എല്ലാ പേക്കിനാവുകളും എന്നെ ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് വെറുപ്പും അവജ്ഞയുമായിരിക്കും നിങ്ങൾ എല്ലാവരും കിണറ്റിലെ വെള്ളം വിൽക്കാൻ പറഞ്ഞില്ലേ അതാണ് അതാണ് എന്നെ ഒരു പേക്കിനാവിലേക്ക് വലിച്ചയച്ചത് എന്ത് ദുസ്വപ്ന നീ കണ്ടത് അതെ പറയാച്ച പറയാം നമുക്കിടയിലേക്ക് ഒരായി വന്നിരുന്നു ഒരു കോടീശ്വരനായ ചെറുപ്പക്കാരൻ നമ്മുടെ മിനിക്കുട്ടിയുടെ ഭർത്താവായി ഞാൻ ക്ഷമാശീല മകൾ എനിക്കുട്ടിയുടെ ഭർത്താവാണ് ഈ കിണർ എനിക്ക് സ്ത്രീധരമായി കിട്ടിയതാണ് ഇന്നുമുതൽ വെള്ളത്തിനു വേണ്ടി ആരും ഇവിടെ കാത്തു കുടിവെള്ളം കുപ്പികളിലാക്കി ഞാൻ വിപണിയിൽ എത്തിക്കുന്നുണ്ട് കാശ് കൊടുത്ത് നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാം പച്ചവെള്ളം പറച്ചുവാന്റെ സൃഷ്ടിയാണ് ഈ കണ്ടിലെ വെള്ളത്തിനെയും ഞങ്ങൾ കൂടി പച്ചവെള്ളം മാത്രമല്ല െ സകല ചരാചരങ്ങളും ദൈവ സൃഷ്ടിയാണ് പക്ഷെ നമ്മൾ മനുഷ്യർ ഭൂമിയും ആകാശവും അലകടലും നദികളും വന്യവനങ്ങളും പരസ്പരം പങ്കുവെച്ച് പ്രമാണങ്ങളാക്കിയിരിക്കയല്ലേ അതേപോലെ ഉറവ ഈ ഒരു കിണറിന്റെ പ്രമാണം എന്റെ പേരിലാണ് ഈ രാജ്യത്ത് പറ്റാത്ത ഈ തെളിഞ്ഞയിലുറവ എനിക്ക് സ്വന്തമാണ് ഞങ്ങളോട് ദയ കാണിക്കണം ജീവിക്കാൻ ഒരു ഗതിയുമില്ലാത്തവരാണ് ഞങ്ങൾ പച്ചവെള്ളം കുടിച്ച് വിശപ്പ് ശമിപ്പിക്കുന്നവർ നിങ്ങൾ അതിനു കൂടി പണം ആവശ്യപ്പെട്ടാൽ ഞങ്ങളെല്ലാം മരിച്ചു പണമില്ലെങ്കിൽ വിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ ശുദ്ധമായി ലഭിച്ചെന്നവരില്ല ഓക്സിജൻ പാർലറുകളാണ് എന്റെ അടുത്ത പ്രോജക്ട് ശുദ്ധവായു കൊച്ചു കൊച്ചു സിലിണ്ടറുകളിലാക്കി ഞാൻ വിൽക്കും ആരും ഇവിടെ കാത്തു നിൽക്കണ്ട പണമുള്ളവർക്ക് കുടിവെള്ളം മാർക്കറ്റിൽ പോയി വാങ്ങാം മാറി നിൽക്കാൻ പറഞ്ഞത് ഒഴിഞ്ഞു പോവാൻ ഒഴിഞ്ഞു പോവാൻ ആട്ടി ഓടിക്കാ എല്ലാത്തിനെയും ൊന്നും ഈ ഭൂമിയിലെ ആരുടെയും സ്വന്തമല്ലേ അച്ഛനും അമ്മയും എല്ലാ സൗഭാഗ്യങ്ങളും സുഭിക്ഷമായി ആസ്വദിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ കഴിഞ്ഞുകൊള്ളണം ഞങ്ങൾക്ക് ഈ ആർഭാടങ്ങൾ ഒന്നും വേണ്ട പക്ഷേ ദാഹജലത്തിനു വേണ്ടി ചങ്കുപൊട്ടിക്കരയുന്നവർക്ക് നമ്മുടെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം പറഞ്ഞല്ലോ ഇടപെടലുകൾ എനിക്കിഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന് ഗതിയില്ലാത്ത ക്ഷമാശീരന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഉറവ് ഈ കിണറു മോഹിച്ചു മാത്രമാണ് പത്മാവതി നീ കേട്ടില്ലേ കേട്ടു ഇനി അത് അവസാനിപ്പിച്ചാ മതിയായിരുന്നു എന്തൊരു ദുരവസ്ഥ കാശില്ലാത്തവന് ദാഹജലം കിട്ടാത്ത കാലം പണമുള്ളവന് മാത്രം ശുദ്ധമായി കിട്ടുന്ന അവസാന കാലം നോക്ക് കുഞ്ഞുമോളല്ലേ ആ വരുന്നത് എനിക്കാ കുട്ടിയെ കാണണ്ട അവളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ആഴം അറിയാത്ത വറ്റി വരണ്ട കിണറ്റിലേക്ക് ഞങ്ങളെ എടുത്തെറിഞ്ഞത് എന്തിനായിരുന്നു എന്തിനായിരുന്നു ശീലമാ പത്ത് വീടുകളിൽ വെള്ളം ഞങ്ങളുടെ ജീവിതത്തിന് പത്തരമായിട്ട് ആശ്വാസമായിരുന്നു നിത്യരോഗിയായ അമ്മയുടെ വരണ്ട ചങ്കു നനയ്ക്കാൻ ചുട്ടുപൊള്ളുന്ന എന്റെ അച്ഛന്റെ നെറുക്കാൻ ഒരു കൈകുടന്ന ശുദ്ധജലത്തിന് വേണ്ടി കുഞ്ഞുമോളീ ഭൂമുഖത്ത് ഏത് നീരുറവ തേടിയാ പോവേണ്ടത് മോളെ മോളെ മിനിക്കുട്ടി മോളെ നീ ഈ കുഞ്ഞുമോളെ കണ്ടോ നമ്മുടെ കിണറ്റിൽ നിന്നും ഇവൾക്കും വെള്ളം നിഷേധിച്ചിരിക്കുന്നു മോളെ സൗഭാഗ്യം നമുക്ക് വേണ്ട മിനിട്ടി എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളല്ല എന്തായി പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ അയാളുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ വ്യവസായത്തിൽ ഞാൻ എങ്ങനെ ഇടപെടും നമുക്ക് വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു ഈ നാടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ അദ്ദേഹാരാ ഇവിടുത്തെ രാജാവോ അത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല ഡ്രൈവർ ഡ്രൈവർ വണ്ടിയെടുക്കൂ കുഞ്ഞുമോൾ അല്ലേ ആ ആ ഇങ്ങോട്ടിരിക്കൂ ആ ഇനി പറഞ്ഞോളൂ ഈ കിണറ്റിലെ വെള്ളം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചിരുന്നത് അതുകൊണ്ട് കുഞ്ഞുമോൾക്ക് വെള്ളമെടുക്കാനുള്ള അനുവാദം വേണം അനുവാദം തരാം പക്ഷേ എട്ട് വീഴ്ചകൾ എന്തൊരു കാര്യത്തിനും ആവശ്യമാണ് ആരെയും ഭയപ്പെടാതെ കുഞ്ഞുമോൾക്ക് കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുക്കാണ് അനുവാദം ഞാൻ തന്നിരിക്കുന്നു എനെ അനുസരിച്ചാൽ നിനക്ക് നല്ലൊരു കുഞ്ഞുമോളെ പത്മാവതി നെയ് കണ്ടില്ലേ കുഞ്ഞുമോള് പത്മാവതി നീ അങ്ങോട്ടൊന്നും നോക്ക് കുഞ്ഞുമോള് അവള് അവള് നമ്മുടെ കിണർ നരിലേക്കാണല്ലോ ഓടുന്നത് പത്മാവതി കുഞ്ഞുമോൾ എന്താ ചെയ്യാൻ പോകുന്നത് അവൾ എന്താ ചെയ്യാൻ പോഞ്ഞു മോളെ കുഞ്ഞു മോളെ അരുത് അയ്യോ അയ്യോ ചുറ്റുമതിൽ കയറുന്നല്ലോ കുഞ്ഞു മോളെ കുഞ്ഞുല്ലേ അരുത് ചാടല്ലേ ചാടല്ലേ അയ്യോ ഓടി വരണേ നമ്മുടെ നാട്ടുകാരല്ലോ ആയുധങ്ങളുമായാണല്ലോ അവർ വരുന്നത് ഈശ്വര എന്തൊക്കെ വേഷങ്ങൾ എന്തൊക്കെ ഭാഷകളിലാണ് അവർ സംസാരിക്കുന്നത് അവര് നമ്മുടെ കിണറിന് നേരെ വരുന്നു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 ഇപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്നു ഈ ഭൂമിയിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആർത്തനാഥ നാഥ അതിപ്പോഴും എന്റെ താതുകളിൽ മാറ്റലിക്കൊള്ളുകയാണ് അച്ഛമാ വരും കാലത്തിന്റെ കഥയാണ് ഇല്ല ഇല്ല ഈ കിണത്തിലെ വെള്ളം വിറ്റിട്ട് ഒരു സൗഭാഗ്യവും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ട എനിക്കൊരു വീടില്ലെങ്കിൽ വേണ്ട എന്റെ മകൾക്ക് മകന്റെ ഭാഗ്യമില്ലെങ്കിൽ അതും വേണ്ട എന്നാലും എന്നാലും ആരൊക്കെ ഈ കിണർ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആർക്കും വിട്ടുകൊടുക്കില്ല ഇത് ഈ എനിക്ക് എന്റെ അച്ഛനിലൂടെ ലഭിച്ചതാണ് അത് അത് ഞാൻ എന്റെ മക്കളിലൂടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കും ഈ ഭൂമിയിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് നമുക്ക് ശേഷം നമ്മുടെ പരമ്പരക്ക് വേണ്ടി നമ്മുടേതായ ചില ശേഷിപ്പുകൾ നമ്മുടേതായ ചില ശേഷിപ്പുകൾ തമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത് നാടകം സമാപിക്കുന്നു രചന ശ്രീ പ്രദീപ് കുമാർ കാവുന്തറ സംവിധാനം കോന്നിയൂർ വിജയകുമാർ സി കൃഷ്ണകുമാർ